പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലിഫ് ലാംറ ഇതിലെ വചനങ്ങൾ കൃത്യമായി ക്രമീകരിക്കപ്പെട്ടതും പിന്നീട് വിശദീകരിക്കപ്പെട്ടതുമായ ഒരു ഗ്രന്ഥമാണിത് ഇത് അറിവുള്ളവനും സൂക്ഷ്മജ്ഞാനിയുമായ ഒരുവൻറെ അടുക്കിൽ നിന്നുള്ളതാണ്